അധ്യായം ഇരുപത്തി അഞ്ച് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ അമൂന്യരുടെ നേരെ മുഖം തിരിച്ച് അവരെക്കുറിച്ച് പ്രവചിച്ച് അമൂന്യരോട് പറയേണ്ടത് യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ നീ അതിനെയും ഇസ്രയേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനെയും യഹൂദഗ്രഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും അവർ നിങ്ങൾ പാളയമടിച്ച് നിവാസങ്ങളെ ഉണ്ടാക്കും നിന്റെ ഫലം തിന്നുകയും നിന്റെ പാൽ കുടിക്കുകയും ചെയ്യും ഞാൻ രബ്ബയെ ൾക്ക് കിടപ്പിടവും അമോന്യരെ ആട്ടിൻകൂട്ടങ്ങൾക്ക് താവളവുമാക്കും ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രയേൽ ദേശത്തെക്കുറിച്ച് നീ കൈകൊട്ടി കാൽ കൊണ്ട് ചവിട്ടി സർവ്വനിന്നയോടും കൂടെ ഹൃദയപൂർവ്വം സന്തോഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ ജാതികൾക്ക് കവർച്ചയായി കൊടുക്കും ഞാൻ നിന്നെ വംശങ്ങളിൽ നിന്ന് ഛേദിച്ച് ദേശങ്ങളിൽ നിന്ന് മുടിച്ച് നശിപ്പിച്ചുകളയും ഞാൻ യഹോവയെന്ന് നീ അറിയും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു യഹൂദഗ്രഹം സകല ജാതികളെയും പോലെ അത്രയെന്ന് മോവാബും സെയ്യീരും പറയുന്നതുകൊണ്ട് ഞാൻ മോവാബിന്റെ പാർശ്വത്തെ അതിന്റെ അതിർത്തികളിലുള്ള പട്ടണങ്ങളായി ദേശത്തിന്റെ മഹത്വമായ ഷീമോത് ബാൽ മോൻ കിരിയഥം എന്നീ പട്ടണങ്ങൾ മുതൽ തുറന്നുവച്ച് അവയെ അമൂന്യ ജാതികളുടെ ഇടയിൽ ഓർക്കപ്പെടാതെയിരിക്കേണ്ടതിന് അമൂന്യരോടുകൂടെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും ഇങ്ങനെ ഞാൻ മോവാബിൽ ന്യായവിധി നടത്തും ഞാൻ യഹോവയെന്ന് അവർ യഹോവയായ കർത്താവ് ം അരുളി ചെയ്യുന്നു ഏതോ യഹൂദാഗ്രഹത്തോട് പ്രതികാരം ചെയ്ത് പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ ഏതോമിന്റെ നേരെ കൈനീട്ടി അതിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ച് അതിനെ ശൂന്യമാക്കിക്കളയും തേമാൻ മുതൽ തേതാൻ വരെ അവർ വാളിനാൽ വീഴും ഞാൻ എന്റെ ജനമായ ഇസ്രയേൽ മുഖാന്തരം ഏതോമിനോട് പ്രതികാരം നടത്തും അവർ എന്റെ കോപത്തിനും എന്റെ ക്രോധത്തിനും തക്കവണ്ണം ഏതോമിനോട് ചെയ്യും അപ്പോൾ അവർ എന്റെ പ്രതികാരം അറിയുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഫെലിസ്ത്യർ പ്രതികാരം ചെയ്ത് പൂർവദേശത്തോടും നാശം വരുത്തുവാൻ നിന്നാ ഹൃദയത്തോടും കൂടെ പകരം വീട്ടിയിരിക്കഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ ഫിലിസ്തീരുടെ നേരെ കൈനീട്ടി ക്രേത്യരെ സംഹരിച്ച് കടൽക്കരയിൽ ശേഷിപ്പുള്ളവരെ നശിപ്പിച്ചു കളയും ഞാൻ ക്രോധ ശിക്ഷകളോടുകൂടെ അവരോട് മഹാപ്രതികാരം നടത്തും ഞാൻ പ്രതികാരം അവരോട് നടത്തുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ